ഭൗതികാരൻ തന്റെ പക്ഷത്ത് വിശദീകരിക്കുകയാണ് വിവിധ വിവരണകാരന്റെ പക്ഷം എന്താണ് വേദനാന്യപക്ഷം അതായത് അശ്വനജിഗമിഷ് എന്നൊരു വാക്യം ജഗമിഷതി എന്ന് പറഞ്ഞ ഗന്ധം ഇച്ച രണ്ടു കാര്യ ഗമനം മറ്റൊന്ന് ഇച്ച അവിടെ ആ ഗമനമെന്ന് പറയുന്ന എന്താണ് അശുന ജഗമിഷതി എന്ന് പറയുന്നടുത്ത് ഗമനം എന്ന് പറയുന്നത് എന്താണ് ഇച്ചയുടെ വിഷയമാണ് അശു എന്ന് പറയുന്നത് എന്താണ് കരണം അശ്വേന എന്ന് പറയുന്ന ആ കരണം ജഗമിഷതി എന്ന് വെച്ചാൽ ദന്തതി പോകുന്നതിന് ആഗ്രഹിക്കുന്നു അവിടെ രണ്ടു കാര്യങ്ങളുണ്ട് ഗമനവും ഇച്ഛയും അശ്വേന അത് ഏതിനോട് അന്വേഷിക്കണം ഗമനത്തോട് അന്വേഷിക്കണോ അതോ ഇച്ഛയോട് അന്വേഷിക്കുന്നു അശ്വം കൊണ്ട് ഇച്ഛിക്കാൻ പറ്റത്തില്ല അശ്വം കൊണ്ട് ഗമിക്കാനേ പറ്റും പോകാനേ പറ്റും അശ്വേനെ ജിഗമിഷതി എന്ന് പറയുന്നിടത്ത് അശ്വം എന്താണ് പോകാൻ ഉപകരിക്കുന്ന കരണമാണ് അതുകൊണ്ട് കരണത്തേതിനോടെ അന്വേഷിക്കാൻ പറ്റു ഗമനത്തോടെ അതുകൊണ്ട് ഇച്ചയോടെ അന്വേഷിക്കാൻ പറ്റില്ല അച്ഛൻ കൊണ്ട് ഇച്ഛിക്കുകയല്ല അശ്വം കൊണ്ട് എന്താ ചെയ്യുന്നു ഗമനമാണ് അപ്പൊ അവിടെ അശ്വത്വ ഗമനത്തോടനുജിക്കുന്നു അതുപോലെ ഇവിടെ യജ്ഞേന വിവിധശന്ധി എന്ന് പറയുന്നു യജ്ഞേന വിവിധശാന്തി വേദശന്തി എന്ന് വെച്ച വേദന ഇച്ഛന്തി യജ്ഞം എന്ന് പറയുന്ന അറിയുന്ന ആഗ്രഹിക്കുന്നു ഇപ്പൊ കർണം കൊണ്ട് എന്താ ചെയ്യുന്നത് അറിവാണോ അതോ ആഗ്രഹമാണോ യജ്ഞം കൊണ്ടറിയുന്നു അതാണ് അങ്ങനെ അന്വയിക്കുന്നതാണെന്തു വേദന അന്യപക്ഷം വേദന എന്ന് വെച്ചാൽ വേദന അറിവും അപ്പോ അശ്വേന ജഗമിഷതി എന്ന് പറയുന്നിടത്ത് ഗമനത്തോടെങ്ങനെയാണോ അസുഖത്തെ അന്വയിക്കുന്നത് അതുപോലെ യജ്ഞേന വിവിധശാന്തി എന്ന് പറയുന്നിടത്ത് യജ്ഞത്തെ വേദനത്തോടന്വയിക്കണമെന്ന് പറയുന്നതാണ് ആരുടെ പക്ഷം ഈ പക്ഷത്തില് പാമതികാരൻ പറയുന്ന ദോഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം യജ്ഞം കൊണ്ട് അറിവെന്ന് പറയും യജ്ഞം കൊണ്ട് അറിവ് അറിവ് നേടല്ലെങ്ങനെ യജ്ഞം കൊണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അറിവുണ്ടാകുന്നത് അതുവരെ എന്തു ചെയ്യണം യജ്ഞം അങ്ങനെ വന്നു കഴിഞ്ഞാൽ യജ്ഞത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലൂടെ അറിവ് അറിവ് നേടാൻ പറ്റും യജ്ഞത്തെ ഉപേക്ഷിച്ചിട്ടാണ് അറിവുണ്ടാകുന്നത് എന്നാലേ സന്യാസത്തിനോട് പോകും ഒരാക്ഷയം അതിന് വിവരണകാലം പറയുന്ന എന്താണ് സമാധാനം വിവരണകാലം പറയുന്നത് യജ്ഞം കൊണ്ട് ചിത്തശുദ്ധി യജ്ഞേനെ അറിയുക എന്ന് പറഞ്ഞ എന്റെ യജ്ഞം കൊണ്ട് ചിത്തശുദ്ധി ചിത്തശുദ്ധി വന്നതിന് ശേഷം കുഴപ്പം അങ്ങനെയാണ് അവര് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ചിത്തശുദ്ധി വരെ കർമ്മ കർമ്മത്തെപ്പോ തിരിക്കണം കർമ്മസന്യാസം എപ്പണക്കണം ജ്ഞാനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ജ്ഞാനം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല കർമ്മത്തെ ചിത്തശുദ്ധി വരുമ്പോ തിരിക്കണം എന്നാലേ സന്യാസത്തിലൂടെ എന്താ നേടാൻ പറ്റുമോ അതാണ് ത്യാഗെ അമൃതത്വം ആവശ്യം എന്നൊക്കെ പറയുന്ന ത്യാഗത്തിലൂടെ എന്ത് ചെയ്യണം ജ്ഞാനത്തെ നേടി മോക്ഷത്തെ ഇതാണ് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം ആര് അപ്പൊ വിവരണ താരം പറയുന്നത് അവരും കൂടെ പറയാം യജ്ഞേന വിവിധ ശന്ധ എന്ന് പറയുന്ന യജ്ഞത്തിലൂടെ വേതനം അതിനോടാണ് അന്വയിക്കുന്നതെങ്കിലും അതിന്റെ അർത്ഥം യജ്ഞം ചെയ്ത് ജ്ഞാനം നേടണമെന്നല്ല ജ്ഞാനം ഉണ്ടാകുന്നതുവരെ യജ്ഞം ചെയ്യണമെന്നു അർത്ഥമില്ല അതിന്റെ അർത്ഥം എന്താണോ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് യജ്ഞത്തിലൂടെ ചിത്തശുദ്ധിയുണ്ടാകും യച്ഛക്തി ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യണം സന്വയിക്കുന്നത് എങ്ങനായിരിക്കണം ക്രിയയോടായിരിക്കണം എന്തുകൊണ്ട് അശ്വേന ജഗുമശതി എന്ന് പറയുന്നിടത്ത് അശ്വത്വനോടാണ് അന്വയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യജ്ഞേന ഷന്തി എന്ന് പറയുന്നടുത്ത് യജ്ഞത്തേവനോട് അന്വേഷിക്കണം യജ്ഞത്തെവനോട് അന്വയിക്കണം വേദനത്തോട് അറിയുന്നോട് തരം കയറുന്നുണ്ട് അശ്വേന ജിഗമിഷതി എന്ന് പറയുന്നിടത്ത് അശ്വന്ന് പറയുന്നത് ധാത്തൂർത്ഥം അതായത് ക്രിയാനോട് അന്വയിക്കുന്നു അശ്വേനെ ജംഗ്ഷതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിയ ഏതാണ് അതിനോട് അന്വേഷിക്കുന്നു അശുഖത്തിലൂടെ ഗമിക്കുന്നു എന്നാണ് ഗമിക്കാൻ ഇച്ഛിക്കുന്നു പറയുന്നത് കർത്താവ് പോകാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അയാളാണ് ഇച്ഛിക്കുന്നത് പക്ഷെ അശ്വന്ന് പറയുന്ന അവിടെ എന്താണ് അത് ഏതിനോടാണ് അന്വയിക്കേണ്ടത് എന്നോടാണ് അന്വയിക്കേണ്ടത് എന്തുകൊണ്ട് അശ്വങ്ങും എന്ന് പറയുന്ന കർണമാണ് ഗമനത്തിന് ഉപകരിക്കുന്നത് അശ്വം കൊണ്ട് ഇച്ഛിക്കയല്ല ചെയ്യുന്നത് ഇച്ഛിക്കുന്ന രാമ അച് കർണത്തെ ക്രിയയോട് അന്വേഷിക്കുന്നത് അതുപോലെ ഇവിടെ എന്തു ചെയ്യണം യജ്ഞേന വിഷയത്തെ വിവിധ എന്ന് പറയുന്നിടത്തെ വേദനത്തോട് അന്വേഷിക്കുന്നു യജ്ഞം കൊണ്ടറിയുന്നു എന്ന് പറയുമ്പോൾ അവര് ഒരു ദോഷമാണ് അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവര് തകരാറ് എന്താണ് തകരാറ് ആ കർമ്മം കൊണ്ട് തന്നെ ജ്ഞാനം ഒന്നു വരും ഇപ്പൊ ജ്ഞാനകർമ്മം സമുച്ചയം പോലെയുള്ള ദോഷങ്ങളെല്ലാം ജ്ഞാന ഉത്പത്തിക്ക് വേണ്ടി കർമ്മം ചെയ്യണമെന്ന് അതിന് പരിഹാരം എന്താണ് വേറൊരു കാലം പറയുന്നത് യജ്ഞന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യജ്ഞ എന്തിനു വേണ്ടിട്ട് ചിത്തശുദ്ധിക്ക് വേണ്ടിട്ട് ആണ് പറയുന്നത് അതായത് ചിത്തശുദ്ധി എന്ന് പറയുന്ന പാപങ്ങളെല്ലാം നശിക്കുക അപ്പൊ യജ്ഞം കൊണ്ട് പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു നശിപ്പിച്ചിട്ട് ചിത്തശുദ്ധി ഉണ്ടാകുന്നുണ്ട് വരുന്നു അവിടെ സന്യാസം വരുന്നു സന്യാസം വന്നിട്ട് എന്ത് വരുന്നു ശ്രോണമനങ്ങളൊക്കെ ചെയ്യുന്നു ശ്രോണമനങ്ങളൊക്കെ ചെയ്തിട്ട് എന്തുവരുന്നു ഞാൻ അവിടെ അതാണ് പറയുന്നത് ദോഷമില്ല ഇനി ഇദ്ദേഹം പറയുന്നത് യജ്ഞന വിധിശാന്തി എന്ന് പറഞ്ഞാൽ യജ്ഞനാന്ന് പറയുന്നത് കർണത്തെ പ്രധാനത്തോടുകൂടി അന്വിക്കാവും വിവിധന്ധി എന്ന് പറയുന്നിടത്ത് പ്രധാനം ഏതാണ് എന്താണ് ഏ വിശന്തി എന്ന് പറയുന്നിടത്ത് പ്രധാന ഏതാണ് പ്രത്യർത്ഥം പ്രകൃതി പ്രത്യോ സഹ അർത്ഥം ബ്രുവത തയോ പ്രധസ്യ പ്രാധാന്യം അപ്പൊ പ്രധാനത്തോട് അന്വയിക്കണം പ്രധാനം എന്ന് പറഞ്ഞാൽ ഇച്ഛയോട് അന്വയിക്കണം അപ്പോ യജ്ഞം കൊണ്ട് ഇച്ഛിക്കുന്നു അറിയാനായി ആഗ്രഹിക്കുന്നു റിയാനുള്ള ആഗ്രഹത്തെയാണ് എന്തു പറയുന്നത് വിപിദിഷ്ഞം കൊണ്ടെന്താ സംഭവിക്കുന്നത് വിപിദിഷയാണ് ഇതാണ് ഭാഗതികാരന്റെ പക്ഷം യജ്ഞം കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് വിവിദിഷ അപ്പോ യജ്ഞം ചെയ്യുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പാപങ്ങളെല്ലാം നശിക്കുന്നു നശിച്ചിട്ടെന്തുണ്ടാവുന്നു വിവിധദിഷ ഉണ്ടാവുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു വിധിഷ ഉണ്ടായാലും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും മനസ്സിലായോ ഇപ്പൊ ബാധികാരം പറയുന്ന ഇതാണ് ഇവിടെ വിവിധയോടെ അന്വയിക്കണം പൈജ്ഞകൊണ്ട് പാപങ്ങൾ നശിക്കുമ്പോൾ വിവിധ ഉണ്ടാകും വിവിധിഷ ഉണ്ടാവുമ്പോ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും മനസ്സിലായോ അപ്പോ വിവിധിഷ അന്വേഷത്തിന് ദോഷമൊന്നുമില്ല മനസിലായോ വിഷ അന്വേഷത്തിലാണെങ്കിലും എന്താണ് വ്യഞ്ജൻ ചെയ്യുന്നു പാപം നശിക്കുന്നു രണ്ടു കൂട്ടർക്കും പാപം നശിക്കുന്നു പറയേണ്ടി വരും പിന്നെ അവിടെ എന്താ ഉണ്ടാകുന്നു വിവിധിഷ ഉണ്ടാകുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു വിധിഷ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തുവരുന്നു ചെറോണ മരണങ്ങളിലൂടെയൊക്കെ ജ്ഞാനം ഉണ്ടാകും േര് പറയുന്നതിനും ഇത്രേയുള്ള പ്രശ്നം അതെവിടെ അന്വയിക്കണോന്നുള്ള തർക്കമാണ് യജ്ഞത്തെ വേദനത്തോട് അന്വയിക്കണോ അതോ ഇച്ഛയോട് അന്വയിക്കണോ വേതനത്തോട് അന്വയിക്കണമെന്നാര് പറയുന്നു ഏഹ് വിവരണകാലം വിവരണകാലം ഇച്ഛയോട് അന്വയിക്കണമെന്ന് ആര് പറയുന്നു പക്ഷെ ഫലത്തിൽ രണ്ടും എന്താണ് ഒന്ന് തന്നെ പിന്നെ എന്തുകൊണ്ട് ഭാവനികാരം ഇത് ഇങ്ങനെ പറയുന്നു അത് പറയാൻ കാരണം സർവാപേക്ഷാധികരണം എന്ന് പറഞ്ഞാൽ അധികരണമുണ്ട് സർവാ സർവാപേക്ഷീശ്വരദേവരസുഖെന്ന് പറയുന്നു സൂത്രത്തിന് വ്യാഖ്യാനിക്കുന്ന അധികരണമാണ് സർവാപേക്ഷാധികാരണം അവിടെ ഭാഷകാരം തത്വജ്ഞാനത്തിന്റെ അന്തരംഗ സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അതിനോട് ചേർന്നിരിക്കുന്ന സാധനങ്ങൾ എന്താണ് പിന്നെ യജ്ഞാദികളെ എങ്ങനെ എടുക്കണം അത് പരമ്പരയായി കാരണമായിട്ടെടുക്കണം അവിടെ പറയുന്നു യജ്ഞാദികളെന്ന് പറയുന്നത് വിവിധയോടാണ് അന്വയിക്കേണ്ടതെന്ന് പറയുന്നു ഇതാണ് കാരണം ഇങ്ങനെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്തുട അവിടെ ഭാഷകാരം പറഞ്ഞു യജ്ഞാദികളെ വിവിധയോട് അന്വയിക്കണം സമതമാദികളെ അന്തരംഗ സാധനമായിട്ടു അപ്പൊ യജ്ഞാദികൾ വിവിധയ്ക്ക് കാരണമാണെന്ന് ഭാഷകാരൻ പറഞ്ഞു ഇവിടെ സർവാപേക്ഷാധികാരണത്തിൽ അത് വെച്ചുകൊണ്ടാണ് പാമതികാരൻ ഇങ്ങനെ പറയുന്നത് മനസിലാകെ ഇത്രയുള്ള വ്യത്യാസം വേറെ വ്യത്യാസമൊന്നും ഇല്ല പിന്നെ ഇതാണ് ഈ ഭാഷയുടെ നിയമം പ്രത്യയാർത്ഥസ്യ പ്രാധാന്യം എന്ന് പറയുന്നതുകൊണ്ട് ഇതാണ് പ്രത്യർത്ഥത്തിനോടാണ് അന്വയിക്കേണ്ടതെന്ന് പറയുന്നു അപ്പത് അങ്ങനെയില്ല പിന്നെ ഇവിടെ അശ്വേന ജിഗം എന്ന് പറയുന്നിടത്ത് ശരിയാണ് അവിടെ ദാത്തോത്വത്തോട് അന്യ അന്വയിക്കുന്നത് പക്ഷെ അതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെ അന്വയിക്കണമെന്നില്ല യോഗ്യതയനുസരിച്ച് അന്വയിക്കാം അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ വന്യനാ സിഞ്ചതി വന്യനാ സിഞ്ചതി എന്ന് പറഞ്ഞാ വന്യ അതിനോട് അന്വയിക്കും അങ്ങനെ അവിടെ വന്യെന്ന് പറയുന്ന കർണത്തെ അന്വയിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടതിനുള്ള യോഗ്യതയില്ല വെള്ളം തളിക്കുന്ന പോലെ ജലത്തെ തെളിക്കാൻ പറ്റും പറ്റില്ല എന്നാൽ ജലേന സിഞ്ചതെന്ന് പറഞ്ഞാലോ ഏഹ് അപ്പോൾ കർണങ്ങളെ അന്വയിക്കേണ്ട യോഗ്യതയനുസരിച്ചിട്ടാണ് എവിടെയാണോ വേണ്ടത് അവിടെ അന്വയിക്കുന്നത് ഇതാണ് ഭാവനികാരം പറയുന്നത് അശ്വിന ജഗമിഷതി എന്ന് പറയുന്നത് അശ്വിന എന്ന് പറയുന്നത് വേദനത്തോടെ അന്വയിക്കുക അത് ശരി തന്നെയാണ് അവിടെ പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം യജ്ഞനാന്ന് പറയുന്നത് ഏതിനോട് അന്വയിക്കണം ദക്ഷോട് അന്വയിക്കണം അതൊക്കെ ഓരോ സ്ഥലത്തും അതാണ് പ്രാമദികാരന്റെ പക്ഷം അല്ല ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് ഫലത്തില് വ്യത്യാസം ഭാഷയിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ പാമതി കാലം പറയുന്ന അനുസരിച്ച് എന്താണോ കർമ്മങ്ങളുടെ ഫലം ക്ഷന്യാസത്തിൽ അതിനെ കുറിച്ച് ഇനി വിശദീകരിക്കും സന്യാസത്തിന്റെ കാര്യങ്ങളും ഇനി വരുന്നുണ്ട് സന്യാസത്തൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഷമാനുക് ഉപസർജന രാജപുരുഷമാനയാ രാജാവിനെ കൊണ്ടുവരും പുരുഷനെ കൊണ്ടുവരു എന്നത് രാജപുരുഷമാനയ രാജപുരുഷൻ വെച്ചാൽ രാജാവിന്റെ പുരുഷൻ രാജാവിന്റെ മന്ത്രിയോ രാജാവിന്റെ പട്ടാളക്കാരനോ ആരെങ്കിലും രാജാവിന്റെ പുരുഷനെ കൊണ്ടുപോകുമ്പോൾ രാജാവിന്റെ ദൂതനോ ആരുമാകാം വസ്തുത പ്രധാനമബി വാസ്തവത്തിൽ അർത്ഥം കൊണ്ട് പ്രധാനമാർക്കാണ് രാജാവാണ് രാജാവിന്റെ ദൂതന് രാജാവിന്റെ പ്രാധാന്യമുണ്ട് വസ്തുത പ്രധാനം അർത്ഥം കൊണ്ട് പ്രാധാന്യം രാജാവിനാണെങ്കിലും ഇവിടെ രാജപുരുഷ എന്ന് പറയുന്നിടത്ത് തത് സമാസ ഉത്തരപദാർത്ഥ പ്രധാനമാണ് ഇപ്പൊ പുരുഷന്റെ വിശേഷണമാവുകാര് രാജാവ് അതാണ് രാജ പുരുഷവിശേഷണതയാ പുരുഷന്റെ വിശേഷണമായതുകൊണ്ട് ശബ്ദത ശബ്ദം കൊണ്ട് ഗൗണമായിരിക്കുന്ന ആ രാജ നാനിയതെ രാജാവിനെ കൊണ്ടുവരുന്നില്ല അഭിതോ മറിച്ച് എന്താണ് പുരുഷയോ അപ്പൊ ഇവിടെ അർത്ഥം കൊണ്ട് പ്രധാനിയാണ് രാജാവ് പക്ഷെ ശബ്ദം കൊണ്ട് രാജാവ് അപ്രധാനി ആയിപ്പോയി എന്തുകൊണ്ട് ആ കാരണം രാജപുരുഷ എന്ന് ചോദിച്ചാൽ ചോദിക്കും കസ്യപുരുഷ ആര പുരുഷൻ രാജാവിന്റെ അപ്പോൾ പുരുഷന്റെ വിശേഷണമായ രാജാവ് സമാസമനുസരിച്ച് ഉത്തരപഥത്തിന് അർത്ഥത്തിനാണ് പ്രാധാന്യം അപ്പോൾ ക്രിയയോട് അന്വയിക്കുന്ന എന്തായിരിക്കും പുരുഷനായിരിക്കും പുരുഷനെ കൊണ്ടുവരാനാ പറയുന്നത് രാജാവിനല്ല അപ്പോ അവിടെ ശബ്ദത രാജാവ് ഗൗണമായി അർത്ഥത രാജാവ് പ്രധാനിയാണ് അതുകൊണ്ട് ശബ്ദം കൊണ്ട് അപ്രധാനമായ രാജാവിനെ കൊണ്ടുവരുന്നില്ല മറിച്ചന്തി പുരുഷനെ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് ശബ്ദത തസ്യ പ്രാധാന്യം തത് പുരുഷസമാസം അനുസരിച്ച് ഇവിടെ പ്രാധാന്യ ആർക്കാണ് പുരുഷന് ശബ്ദം കൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് പ്രകൃതി പ്രത്യാർത്ഥയോഹോ പ്രത്യാർത്ഥ പ്രാധാന്യം പ്രത്യാര്ത്ഥത്തിന് പറയാനുള്ള പ്രധാനത്തിനോട് അന്വയിക്കണം അപ്പൊ യജ്ഞന വിദുഷന്തി എന്ന് പറയുന്നിടത്ത് പ്രധാനം ഏതാണ് വിദുഷ അതിനോട് യജ്ഞത്തെ അന്വയിക്കണം ഇതാണ് പവാധികാരൻ പറയുന്നത് അവിടെ അർത്ഥത്തിന്റെ പ്രാധാന്യം പവാധികാരൻ പറയുന്ന എന്താണ് യജ്ഞേന വിധുഷന്തി അവിടെ എന്താണ് വേദനം ജ്ഞാനം അതാണ് അർത്ഥം കൊണ്ട് പ്രധാനമായിരിക്കും പക്ഷെ ശബ്ദം കൊണ്ട് പ്രാധാന്യം അതിനാണോ വിദിഷ അപ്പോ അതിനോട് അന്വേഷിക്കുന്നു ഇവിടെ അതുപോലെ എന്നെ അർത്ഥം കൊണ്ട് പ്രാധാന്യം ആർക്കാണ് രാജാവിനെ ശബ്ദം കൊണ്ട് പ്രാധാന്യം ആർക്ക് ശബ്ദം കൊണ്ട് രാജാവ് ഗുണമായി അതിനോട് അന്വയിക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് വിദിഷയോട് അന്വയിക്കണ ഉദാഹരണം പറഞ്ഞാണ് വേദ അനുവജനസ്യ ാം സാധുനതയാ വിധാനം അതുകൊണ്ട് ബ്രാഹ്മണ വിധുഷന്തി യജ്ഞേനദാനവിടെ വേദാനുവചനം സ്വാധ്യായം അതുപോലെ തന്നെ യജ്ഞസ്യാ സ്വാധ്യായത്തിനു വേണ്ടി വ്യുദിഷയ്ക്ക് വേണ്ടിയിട്ടാണ് യജ്ഞത്തിന് വേണ്ടി വ്യുദിഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതാണ് വേദാനുവചന യജ്ഞാധനതയാതാണ് യജ്ഞം എന്താണ് ഇച്ഛയുടെ സാധനമായിട്ടാണ് ഇവിടെ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബ്രാഹ്മണ ആ വിധുഷന്തി അങ്ങനെ എന്ന് പറയുന്നിടത്ത് ആ ം ഏതം ആത്മാനം വേദ അനുവജനേന അവിടെ പറഞ്ഞു നിത്യസ്വാധ്യായം കൊണ്ട് ബ്രാഹ്മണ വേദശാന്തി തപസ് അനാസകേന വേദാനുവചനത്തെ എങ്ങനെയാണോ വിവിധിക്ഷയോട് അന്വയിക്കുന്നത് അതുപോലെ യജ്ഞാദികളെ എന്ത് ചെയ്യണം വിധിഷയോട് അന്വയിക്കണം അപ്പം ഇത് അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ യാഗം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെന്ത് വരുന്നു ചിത്തശുദ്ധിയുണ്ടാകുന്നു വിവിധിക്ഷണ്ടാവുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതിനും അവിടെ എന്തൊക്കെ പറഞ്ഞ തപസ് തപസ്സോ അനാശകസ്യോ തപസന് വേണ്ടി യുദിഷയ്ക്ക് വേണ്ടിട്ടാണ് അനാശകന് വേണ്ടിയിട്ട് ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത് പറയാൻ പോകും ഇവിടെ തപസ് എന്താണെന്ന് പറയുന്നു കാമനശനമേവ തപഹ ഇഷ്ടം പോലെ ഭക്ഷിക്കാതിരിക്കുക തപസകസ് തപസ് തപസ്സ അനാശകസ്യാണ് തപസ്സാണ് ഈ തപസ്സെന്ന് പറയുന്നത് എന്താണ് കാമ അനശനം ഇഷ്ടം പോലെ ഭക്ഷിക്കാതിരിക്കുക കണ്ടതും കേട്ടതും ഒക്കെ വായി തില്ലാതിരിക്കുക ഇപ്പൊ തപസ അനാശകസ അനാശകത്തെ വിശേഷിപ്പിക്കണം തപസ്സെന്ന് തപസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കണമല്ല അതെന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് തപസ്സുകേധ്യാസിനോഹി ബ്രഹ്മീത ഹിതമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിനും മനസ്സിനുമൊക്കെ അനുകൂലമായിരിക്കണം മേധ്യമായിരിക്കണം ഭക്ഷണം ശുദ്ധമായിരിക്കണം കെട്ടതും നാറിയതും ഒന്നും കഴിക്കരുത് മിതമായിരിക്കണം കഴിക്കുന്നത് ആവശ്യത്തിനെ കഴിക്കുക യുക്താഹാര വിഹാരസ് യുക്തജ്യേഷ്ഠർമ്മസ് യുക്ത സ്വപ്ന അവബോധസ് യോഗോഭവതി ഇതൊക്കെ അപ്പൊ തപസ അനുശ്യ എന്ന് പറയുന്ന അനാശകസ്യ അനാശകത്തിന്റെ വിശേഷമാണ് തപസ് അവിടെ കാമാനുശന ഇഷ്ടം പോലെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് തപസ് ഹിതമിതമേധ്യാസനോ ഈ ബ്രഹ്മണി വിദൂഷാപാന്തി അതെന്തുകൊണ്ട് കാമാനുശനോന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഭക്ഷിക്കരുതെന്ന് ഹിതം മിതമേധ്യാസിനോ ബ്രഹ്മ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം ഹിതവും മിതവും മേധ്യവും വിശുദ്ധമായ എന്ന് പറയുമ്പോൾ അതിനകത്ത് നോൺ വെജൊക്കെ ഒഴിവാകും നോൺ വെജൊക്കെ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ല ഇറച്ചി മീനും ഒക്കെ കഴിച്ചു ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ സന്ന് കേട്ടുകഴിഞ്ഞാല് എന്തോ കഠിനാഭ്യാസങ്ങളാണെന്നൊക്കെ പറയണ്ടോ അത് ശരിയല്ല എന്നത് സർവ്വതാ അനശ്വനതാ ഭക്ഷണം കഴിക്കാതിരിക്കുക രണ്ടു നേരം മൂന്നു നേരമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക അതും അത് തപസല്ലാ അനശ്വനോഹവും മരണ ചത്തവും ഭക്ഷണം നേരെയോ കഴിച്ചില്ലെങ്കിൽ മരിച്ചു വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന ശരീരത്തിനാവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസും ഒന്നും കിട്ടത്തില്ല അത് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ അവന് പല അസുഖങ്ങളും പിടിച്ച് ചെത്തും ബ്രഹ്മജ്ഞാനം നടക്കത്തവിടെ തപസിനെ പൂർണ്ണമായും അങ്ങനെയുള്ള തപസ്സിനും നിഷേധിക്കുകയാണ് കഠിനമായ തപസ്സുകൾ പസ് എന്താണ് ചന്ദ്രായണാദി തപശീല ചാന്ദ്രായണാദി തപശീല വിവിധ ഉണ്ടാകത്തില്ല ധാതുവൈഷമ്യണ്ടാവും വൈഷമ്യം എന്ന് പറയുന്നത് ആയുർവേദം പാദം പിത്തം കഫം സമമായിരുന്ന ആരോഗ്യം അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ എന്തോരും അസുഖം അപ്പൊ കൃച്ഛം ചാന്ദ്രായണം എന്നൊക്കെ പറയുന്ന കഠിനമായ തപസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് ആ ഒരു ചെറിയ വീള എന്നുവെച്ചാ നമ്മള് വായ്പ എളുപ്പത്തി ഇറങ്ങിപ്പോകുന്നു ഒരു പുന്നക്കിയുടെ വലുപ്പത്തിൽ ഉള്ള ഒരു ചോറുള്ള ഒരു ദിവസം കഴിക്കുകയാണ് രണ്ടാം ദിവസം രണ്ടെണ്ണം കഴിക്കുക മൂന്നാമത്തെ ദിവസം മൂന്നെണ്ണം കഴിക്കുക മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് എത്ര മാത്രം കഴിക്കാൻ പറ്റും അത്ര കഴിക്കുക അങ്ങനെ വെളുത്തവാവിന്റെ അന്നു വരെ കഴിക്കുക വീണ്ടും അവിടെ നിന്ന് കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനം സീറാക്കുക ഇത്രയൊന്നും കഴിക്കത്തില്ല വളരെ കുറച്ച് കഴിക്കത്തു അപ്പോൾ കൂട്ടി കൂട്ടി ഒരു ദിവസം പിന്നെ കുറയ്ക്കുക അത് ചിലപ്പോൾ ഒന്നിനടമായിരിക്കും കഴിക്കുന്നു ഒരു നേരം കഴിക്കത്തുള്ളു അതുകൊണ്ട് ഒരെട്ടു നേരം കഴിക്കത്തു ഇത് പലതരത്തിലും മനുസ്മൃതിയിലും മറ്റും പറയും കൃഷ്ണവും ചാന്ദ്രായനും ഒക്കെ പിന്നെ മൂന്നു നേരം കുളിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് പഞ്ചാഗമിയ ഉണ്ടാക്കി സേവിക്കുക പിന്നെ ചാണകമ്പഴുകി തറയിൽ കിടക്കുക അഗനിയുടെ മദ്യത്തിന്റെ അഗിനെ ചുറ്റും കൂട്ടിയിട്ട് നടക്കിയിരിക്കുക ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഇതിനോടൊപ്പം കാണും ഇതാണ് കൃഷ ചാന്ദ്രായണ തപസ്സുകൾ ചുരുക്കത്ത് പട്ടിണി കടന്നുള്ള തപസ് ഈ പട്ടിണി കടന്നുള്ള തപസ് കൊണ്ടൊന്നും നേടാൻ പറ്റില്ല അസുഖം ഉണ്ടാവുന്നില്ല അല്ലാതെ അവർക്ക് വിദേശയും ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ പൊതുവെ നാട്ടില് എന്താണ് ഒരു ധാരണയുണ്ട് ഇങ്ങനെ പട്ടിണികളും തപസ്സെയ്താലേ ഞാനുണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെയൊക്കെ പേരിൽ ഇങ്ങനെ ഒരുപാട് പട്ടിണി ആരോപണങ്ങൾ നടത്തുന്നു ഇവരൊക്കെ ഒരുപാട് പട്ടിണി കിടന്നു അത് സംഭവിക്കുന്നത് വേറെ രീതിയിലാണ് കാരണം പഴയ കാലത്തൊക്കെ എന്ന് വെച്ചു ഭക്ഷണം വളരെ ദുർലഭമായിരുന്നു വളരെ ദുർലഭമായിരുന്നു ഭക്ഷണം കിട്ടാനില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ പോലെ ചായകടകളോ മറ്റു കടകളോ അടുത്തടുത്ത് വീടുകളൊന്നും ദൂരെ ദൂരെയാണ് വീടുകൾ പറക്കലിൽ ഒന്നുകഴിഞ്ഞാൽ അവിടെ വീടേയില്ല അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു വീടുകാണു അപ്പോൾ സഞ്ചാരികളായിരിക്കുന്ന സന്യാസിമാർക്കും മറ്റും ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കിട്ടും പക്ഷെ എപ്പോഴും അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ദൂരം വരെ അവര് അത് വളരെ ദൂരമായിരിക്കും അവർ നടന്നു പോകും വഴിക്കൊന്നും ഭക്ഷണം കിട്ടത്തില്ല ചിലപ്പോൾ ഒരു കപ്പയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്നിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഭക്ഷണ ദൌർബല്യുള്ളതുകൊണ്ട് കൃത്യമായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതി പിന്നെ അന്ന് ഏകാന്തതയിൽ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഗുഹൈന്ദോ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന അടുത്തൊന്നും വീടില്ലാത്തോണ്ട് ഭക്ഷണങ്ങളടുത്ത് പോയി തേടി പിടിച്ച് ഭക്ഷണം വീണ്ടും ഇവിടെ വന്നിരിക്കും പട്ടിണി കിടന്നു പറയുന്നതിന്റെ പ്രധാന കാരണം ഭക്ഷണം ദൌർലഭ്യമാണ് എന്നാ ഭക്ഷണം വേണ്ടെന്ന് വെച്ചോണ്ടെ യാത്ര ചെയ്യുമ്പോഴൊന്നും അല്ല ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞ് പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നവിടെ പറയുന്നതാണ് അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകത്തില്ല ധാതുവൈഷമ്യം ഉണ്ടാകും അപ്പൊ ചത്തു പോവും ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ല പിന്നെ ഭക്ഷണം അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഭക്ഷണത്തെ കുറിച്ചായിരിക്കും ഭക്ഷണം ഇനി ഇവിടെ കിട്ടും വിശപ്പ് വരും വിശപ്പ് വന്ന മനുഷ്യതിനെ കുറിച്ച് ചിന്തിക്കും അപ്പോ മനുഷ്യൻ അവന്റെ ബ്രഹ്മ ജിജ്ഞാസെന്നു പറയുന്ന വല്യ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അപ്പോ ആ വലിയൊരു കാര്യത്തോടെ ചിന്തിക്കുന്നതിന് പകരം എന്തു ചെയ്യും നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അടുത്ത ഭക്ഷണം ഇവിടെ കിട്ടും വിശക്കൊന്നും ഉണ്ടല്ലോ ഭക്ഷണം കിട്ടാതിരുന്ന എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ചിന്തകളിൽ പെട്ടുപോകും അതുകൊണ്ട് ഭയങ്കര തപസ് ചെയ്ത് അത് ചെയ്ത് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ അതിശയോക്തി പറയുന്ന ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നിരിക്കുകയാണ് എന്നുള്ളതിനപ്പുറം അതിനൊന്നും വലിയ ആരെക്കുറിച്ച് പറയുന്നതിനും വലിയ അർത്ഥവും ഉണ്ട് പണ്ടെല്ലാം ആൾക്കാർ ഇങ്ങനെ വലിയ തപസ് ചെയ്തെന്തോ നേടി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അർത്ഥവാദങ്ങൾ സ്തുതിപരമായി പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖം അസുഖം പിടികൂടുക എന്നുള്ളതല്ല കാരണം തപസ് ചെയ്യുക ഇങ്ങനെയുള്ള ഭക്ഷണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന താളവൈഷല്യം ഇന്നായാലും പെണ്ണായാലും അങ്ങനെ ഇന്നാണെങ്കിൽ അനീമിയ പിടികിടും അനീമിയ പിടികിട്ട് എന്ന് പറയും ബ്ലഡിൽ എന്തെങ്കിലും കൌണ്ടിങ്ങൊക്കെ കുറയും പിത്തക്കാടിയെ പോലെയും ശരീരത്തിന് വൈഷമ്യം വരും ബുദ്ധി പ്രവർത്തിക്കത്തില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഓവർ ഭക്ഷണം കഴിച്ചാലും പോത്തനെയൊക്കെ കൊന്നു തിന്ന് ബീഫും ചിക്കനും കഴിച്ചുകൊണ്ടിരുന്നാലും ഈ ചിന്തയൊന്നും വരത്തില്ല അപ്പം ഇത് രണ്ടും ഇല്ലാതെ മിതമായി ഭക്ഷണം കഴിക്കുക ഹിതമായത് കഴിക്കുക ശുദ്ധമായത് കഴിക്കുക അത് ബ്രഹ്മ ജിജ്ഞാസക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരുപാട് പട്ടിണി കിടന്നു ഗുരുവിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നത് അത് പട്ടിണി കിടന്നാലേ വലിയ ആളാകുമെന്നുള്ള സാമാന്യ ജനങ്ങളുടെ ധാരണ പറയുന്നത് മനസ്സിലായത് ശാസ്ത്ര അനുസരി അല്ലേ കർശരീരസ്തം ഭൂതഗ്രാമം അജേ അജയത മാംജയും അന്ധശരീരസം താൻ മിഥ്യാസുരം നിശ്ചയ അങ്ങനെ കർശനമായി ഭക്ഷണം കഴിക്കാതെയും മറ്റും എവിടെയെങ്കിലും പോയിരുന്ന എന്താണ് ഒരുപാട് കഷ്ടപ്പെടുകയാണെങ്കിൽ ആസുര തപസ്സന്നാണ് അത് ചെയ്യരുതെന്നാ പറയുന്നത് അങ്ങനെയുള്ള ആസുര തപസ് കൊണ്ട് ഗുണമുണ്ടാകത്തില്ല ഈ പറയുന്ന ശാരീരികമായ ദോഷങ്ങളെ ഉണ്ടാകും പിന്നെ പഴയകാലത്ത് എന്തെങ്കിലും സിദ്ധികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ ആസുര തപസ് ചെയ്തത് ഇങ്ങനെ തപസ് ചെയ്ത ഇന്നത് കിട്ടും അങ്ങനെ ഒറ്റക്കാലത്ത് തപസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും വലിയ പ്രതീക്ഷയിലാണ് അപ്പൊ അതൊന്നും എന്താണ് ഈ ബ്രഹ്മജ്ഞാനത്തിനതൊന്നും ഉപകരിക്കത്തില്ല രോഗം വരും എന്നുള്ളതല്ല വേറൊന്നും സംഭവിക്കത്തില്ലെന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം അതുകൊണ്ട് നല്ല ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുക അമിത ഭക്ഷണം കഴിക്കാതിരിക്കുക ഈ പറയുന്നത് വളരെ സയന്റിഫിക്കാണ് ഈ പറയുന്നത് അതിനകത്ത് സയന്റിഫിക്കായ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിതാണ് ഭക്ഷണത്തിന്റെ കാര്യം പറയും ബാക്കി പറയുന്ന എല്ലാം അർത്ഥവാദകഥകളാണ് ഇങ്ങനെ പറയുന്ന പിന്നെ പഴയകാലത്ത് ഇങ്ങനെ കാട്ടിലും മലയിലും ഒക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ അവർക്ക് ചിലപ്പം കാട്ടിലുള്ള ബലമൂലാധികളൊക്കെ കിട്ടത്തുള്ളു കടല് ഫലമൂലാധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ അടിയിലിരിക്കുന്ന കിഴങ്ങുകൾ കിട്ടും അത് ശരിയാണ് ഫലവർഗങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണ് കാരണം ഫലങ്ങളുണ്ടെങ്കിൽ മറ്റ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ പക്ഷിക്കും മനുഷ്യന് വേണ്ടി അവിടെ അങ്ങനെ കിട്ടാൻ വലിയ പ്രയാസമാണ് പിന്നെ ചില പൊളിപ്പുള്ള ഭക്ഷണം ഭക്ഷണങ്ങളൊക്കെ ചിലവൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് കൊരങ്ങണ്ണുള്ളടത്ത് കുരങ്ങണ്ണുള്ളടത്താണെങ്കിൽ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു ഫലവൃഷം കണ്ടുകഴിഞ്ഞാൽ അവൻ അത് പറിച്ചു തിന്നുകയല്ല അനാഥം മുഴുവൻ ഫലവും വാടിച്ച താഴെ മനുഷ്യന് കിട്ടത്തി അത് ഏതെങ്കിലും കാട്ടിപ്പോയി ഫലങ്ങളൊക്കെ പറിച്ചു തിന്നാന്ന് പറഞ്ഞു അത് പ്രയാസമാണ് പിന്നെ പഴയകാലത്ത് ഒരുപാട് കാടുകളൊക്കെ ഉണ്ടായിരുന്നപ്പം പുറയൊക്കെ കിട്ടിയിരിക്കുമോ അത് ശരിയാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ എന്താണ് വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ ധാരാളം കാടുണ്ടായിരുന്നു ചെറിയ കുറ്റിക്കാട് വേനോറ്റിക്കാട് ഈ കുറ്റിക്കാട്ടിലൊക്കെ ഒരുപാട് പഴങ്ങൾ ചെറിയ ചെറിയ ചെറിയ പഴങ്ങൾ ഏഹ് ആ ചെറിയ ചെറിയ പഴങ്ങൾ ആ ഷൂളക്ക എന്നൊക്കെ പറയും നല്ല വെളുത്തിരിക്കും അത് ഇപ്പൊ അത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം നല്ല വെളുത്തു പാല് പോലെ വെളുത്ത ഒരു പഴം ഇത്ര ഇതൊക്കെ നമുക്ക് പോയി കാട്ടിലൊക്കെ പോയി ആണെന്ന് ഇത് പറിച്ചു നമുക്ക് വിശപ്പൊന്നും മാറത്തില്ല വീട്ടിൽ ഒന്ന് ഭക്ഷണം കഴിച്ചാലോ വിശപ്പ് ഇത് ആ പഴത്തിന്റെ ഒരു ടേസ്റ്റ് ആണോ നമ്മളത് പോയി പറിച്ചു കഴിക്കും അതുപോലെയൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ചില കഴുകുന്ന വർഗങ്ങള് കാട്ട് കാച്ചില് അതൊക്കെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസവും കഷ്ടമാവും പിന്നെ ചില ദ്വീപുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ ഇതെല്ലാം കൂടെ കൊണ്ട് എന്താണ് കടലിന്ന് മീനാപ്പിടിച്ചതെന്നും ഈ പഴങ്ങൾ വരച്ചതെന്നും ഈ കിഴങ്ങുകൾ കുഴിച്ചെടുത്തതെന്നും ഒക്കെ അതിജീവിക്കും പിന്നെ ഇന്നും കാട്ടിക്കഴിയുന്ന ആദിവാസികൾ അവർ തേനും അതും ഇതുമെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതുകൊണ്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ അവർ കഴിയും എന്നാലവര് ധാന്യങ്ങൾ കൃഷി ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട് ധാന്യങ്ങൾ അവർ കൃഷി ചെയ്ത് ഉപയോഗിക്കും പിന്നെ അവര് മാംസം താരാണ് ഉപയോഗിക്കും പക്ഷെ തപസ് ചെയ്യുന്നവർക്ക് അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തപസ്സെന്ന് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ബ്രഹ്മജ്ഞാനമാണ് എങ്കിൽ അതുമായിട്ട് അത് യോജിക്കുന്ന കാര്യമില്ലെന്നാണ് കൂടെ അതൊക്കെ ഒരു കഥകളാണ് ഒരുപാട് തോസ് ചെയ്തത് പിന്നെ ഭക്ഷണം ദുർലഭമായ സമയത്ത് ഭക്ഷണം കിട്ടാതിരുന്നിരിക്കും അത് സ്വാഭാവികമാണ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല യാത്രയും മറ്റും ചെയ്യുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരും അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഭക്ഷണം കിട്ടാതെ വന്നാൽ വിശപ്പ് വരും ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കും അപ്പൊ പിന്നെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഇതാവും ഇവിടെ അതാണ് പറയുന്നത് വിവിധ ക്ഷാനും ബ്രഹ്മജിജ്ഞാസ അവിടെ പിന്നെ ഉണ്ടാവത്തില്ല ശരീരത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട് ഇത്തരം പ്രശ്നമല്ല ഹിമാലയത്തിലൊക്കെ പോയിരിക്കുന്നവർക്കൊക്കെ ഈ പ്രശ്നമാണ് അവിടെ ചെന്നിരുന്നാൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്താണ് ഇരിക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ട് ഭക്ഷണം കിട്ടാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെടും ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട് ഭക്ഷണം അന്വേഷിച്ചു അതുകൊണ്ട് ഈ തപസ് തപസ്സുകൊണ്ടാണ് നേടി എന്നൊക്കെ പറയുന്നത് വൃദ്ധ സ്തുതിപരമായി പഴയകാലത്ത് അറിവില്ലാതെ ആൾക്കാർ പറയുന്നതാണ് അതൊന്നും വലിയ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല ആവശ്യത്തിനൊക്കെ ഭക്ഷണം കഴിച്ചു തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഗുരുവിനെയൊക്കെ പോലുള്ള ആൾക്കാർ മറ്റാൾക്കാർ പുകഴ്ത്തി പറയുന്നതാണ് അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് സർവതാപി അനശിനത ഭക്ഷണം കഴിക്കാതിരുന്നാലും പറ്റില്ല മരണ മരണം സംഭവിക്കും നാവി ചാന്ദ്രായണാദി തപസ് ചെയ്ത അതുപോലുള്ള തപസ്സെയ്താലും പറ്റില്ല ധാതുവൈഷമ്യവത്തി ധാതുവൈഷമ്യം വരും അതുകൊണ്ട് തപസ അനാശതസ്യന്ന് പറഞ്ഞാൽ അവിടെ രണ്ടിനെ എടുക്കണം ഭക്ഷണം ശരിയായ രീതി കഴിക്കുന്നതന്നെ ഒരു തപസ്സാണ് എന്നാ തപസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തപസകളെ എടുക്കാനും പാടില്ല നർത്ത് ഉം ഓ